श्री देस रे लोके श्री देस रे श्री संसार श्री सुयावी श्री ओली सोते राम देवा ईश रे तो श्री संसार श्री Bismillahirrahmanirrahim <laughs> Ye Tuhan kami, suci Engkau <laughs> ya, hadir Engkau. Amin. Allahu Akbar. Su യും ബ്രഹ്മപല്ലി പ്രഥമനുഭാവം മന്ത്രം ഒന്ന് അതിന്റെ ഭാഷ്യം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അതിനെ ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷ്യത്തിൽ സത്യത്തിന്റെ നിർവചനം ആപേക്ഷികമായി പറയണം നമ്മുടെ അനുഭവത്തിൽ ഒരു വസ്തുവിന് ഇന്നതാണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ രൂപം അത് മാറുന്നില്ലെങ്കിൽ നമ്മൾ അതിന് സത്യം പറയും പരമാർത്ഥ സത്യത്തെ നമുക്ക് അങ്ങനെ നിശ്ചയിക്കാൻ കഴിയുന്നല്ലോ പക്ഷേ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള വ്യവഹാരം കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളെ നിശ്ചയിക്കുന്നുണ്ട് സത്യമിന്നതാണ് ശബ്ദം സ്ഥല ഇന്ദ്രിയം കൊണ്ട് കേൾക്കുന്നു കേൾക്കുമ്പോൾ പറയുന്നു അത് നിശ്ചയിക്കുന്നു മനസ്സ് നിശ്ചയിക്കുന്നു ഇത് ശബ്ദമാണ് ശബ്ദം കേൾക്കുമ്പോഴെല്ലാം മനസ്സ് പറയും ഇത് ശബ്ദമാണ് ഒരിക്കലും മനസ്സ് പറയത്തില്ല ഇത് രൂപമാണ് ഇത് രസമാണ് അങ്ങനെ നോക്കി ഗ്രഹിക്കാൻ കഴിയില്ല യദ്രൂപേണോ നിശ്ചിതം ശബ്ദത്തെ ശബ്ദരൂപത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തദ്രൂപെന്ന അത് മാറുന്നുണ്ട് ശബ്ദമല്ല ശബ്ദത്ത് കേട്ടിട്ട് ഇത് ഉഷ്ണമാണ് ശീതമാണ് അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സത്യം അതുകൊണ്ടാണ് ശബ്ദസത്യമാണ് ഒരു വസ്തുവിന് സത്യം എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നു നശിക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടല്ല ശബ്ദമുണ്ടാകാൻ നശിക്കാം ഉണ്ടാകും നശിക്കുകയും ചെയ്യുന്നതുകൊണ്ടത് അസിത്യൊന്നുള്ളതല്ല ഒരനുഭവം അതാണ് എതിരൂപണി നിശ്ചിതം ഒരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിരന്തരം ആ അനുഭവം തന്നെയാണ് സംബന്ധിച്ചിട്ടുണ്ടാവുന്നത് അത് മാറ്റാൻ പറ്റാൻ പറ്റും ശബ്ദത്തെ കേട്ടിട്ടൊരിക്കലും നമുക്ക് ഇത് ശബ്ദമല്ല എന്ന് പറയാൻ കഴിയുന്നില്ല ഇത് മറ്റെന്തു ആണെന്ന് പറയാൻ കഴിഞ്ഞില്ല ശബ്ദത്തെ ശബ്ദമായിട്ടേ ഗ്രഹിക്കാൻ പറ്റൂ അപ്പൊ ശബ്ദം ഉണ്ടായാലും നശിച്ചാലും അതിന് പരിണാമങ്ങൾ വന്നാലും എന്താണ് സത്യം ഇതുപോലെ ഓരോ ഇന്ദ്രിയ വിഷയങ്ങൾ കൊണ്ട് സത്യത്വം പക്ഷെ അത് ആപേക്ഷികമാണെന്ന് മാത്രം അത് കാലദേശങ്ങളെ കൊണ്ട് പരിച്ഛിന്നമാണ് അങ്ങനെ ഒരു ദോഷമുണ്ട് അത് ഉള്ളത് പാരമാർത്ഥിക സത്യമാണ് അതാണ് സത്യത്തിൻ്റെ മുഖ്യമായിട്ടുള്ള നിർവചനം ഇത് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു എന്താണ് ജ്ഞാനം ഞക്തിരവോധവും ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് നിർവിശേഷം ചിന്മാത്രം നിർവിശേഷമായിരിക്കുന്ന ചിത്ത് ബോധം അതാണ് ജ്ഞാനം ഏതൊരു ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണോ മറ്റെല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുന്നു ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിൻ്റെ പ്രവർത്തനം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സർവവും നടക്കുന്നു ആ ജ്ഞാനം ആ ജ്ഞാനത്തെവിടെ എടുക്കും മനസ്സിനെ ജ്ഞാനം എന്ന് പറയാറുണ്ട് അതെടുക്കരുത് എന്തുകൊണ്ട് ഭാഷകാലം പറഞ്ഞു ബ്രഹ്മവിശേഷണത്വ സത്യം അനന്താഭ്യാംസഹ സത്യം അനന്തം എന്ന ശബ്ദം കൂടി ചേർത്താണ് ജ്ഞാനം പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ മനസ്സിനെടുക്കും ഇങ്ങനെ ഉണ്ടാകുന്നു നശിക്കുന്നു ഈ നിമിഷം ഒരു അറിവാണെങ്കിൽ അടുത്ത നിമിഷം മറ്റൊരറിവ് മാറിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ അറിവായിട്ട് തിരിച്ചറിയുന്ന അതിനെയാണ് അതിനെ നമുക്ക് അറിവ് നിഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ കാരണം അറിവിനെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ആ അറിവുണ്ടാകുന്നു മനസ്സ് അതിനെ മനസ്സിലൂടെ അത് വെളിപ്പെടുന്നു മനസ്സതിനെ വെളിപ്പെടുത്തി തരുന്നു അങ്ങനെ നമുക്ക് വെളിപ്പെടുകയും നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അറിവ് നമ്മൾ ഒരുപാട് അറിവ് ആർജിക്കുന്നു പിന്നീട് അറിവ് നഷ്ടപ്പെട്ടു പോകുന്നു പുതിയത് ആർജിക്കുന്നു ഇതിനൊന്ന് സ്വീകരിക്കാൻ വയ്യ അതുകൊണ്ട് ഭാഷകാലം പറഞ്ഞു ഭാവസാധനം ജ്ഞാനശബ്ദം ആ ജ്ഞാനത്തെ ഇതിലുള്ള അപ്പൊതു സ്വഭാവം എന്തായാലും അത് അറിവാണല്ലോ നമ്മൾ ആർജിച്ച അറിവായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ അറിവായാലും എല്ലാത്തിനെയും നമുക്കൊരു പേരിട്ടെ വിളിക്കാൻ പറ്റും അറിവ് അത് പുസ്തകത്തെ കുറിച്ചുള്ള അറിവാകാം മേസയെക്കുറിച്ചുള്ള അറിവാകാം പക്ഷെ എല്ലാം അറിവാണ് അറിവെന്നുള്ള സ്ഥലത്ത് മാറ്റമില്ല അതാണ് ഭാവസാധന ഞാന ശബ്ദം എന്തുകൊണ്ട് ഇത് ബ്രഹ്മത്തിന് വിശേഷണമായി പറയാണ് ബ്രഹ്മത്തോട് അഭേദമായി പറയുകയാണ് അപ്പോൾ ഉണ്ടായി നശിക്കുന്ന അറിവിൽ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യാതിരിക്കുന്ന അറിവ് അതിന് വൈരുദ്ധ്യമില്ല ഉണ്ടാകുന്നതിൽ ഉണ്ടാകാത്തത് അതെങ്ങനെന്താ നശിക്കുന്നതിൽ നശിക്കാത്ത അങ്ങനെന്താ അത് പറഞ്ഞു മനസ്സിൻ്റെ കരുത്തിൽ ഭാഷകാരനടുത്ത് വിശദീകരിക്കും ആ മനോവൃത്തികൾ അതുകൊണ്ടായി നശിക്കുകയും ചെയ്യുന്നു ആ മനോവൃത്തികളിലൂടെ പ്രകാശിക്കുന്ന അറിവ് അത് നിലനിൽക്കുന്നു അത് വേർതിരിക്കാനും പ്രയാസമാണ് കാരണം നമ്മുടെ അനുഭവത്തിൽ മനസ്സ് നമ്മളെ സദാബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായി നശിക്കുന്ന അറിവാണ് നമ്മൾ അറിവിനെ ആരജിക്കാൻ ശ്രമിക്കുന്നു അത് എത്ര വലിയ അറിവായാലും ശരി എനിക്ക് അറിവുണ്ടാകണം ചിലർക്ക് ലൗകികമായ അറിവ് ചിലർക്ക് ആത്മീയമായ അറിവ് ചിലർക്ക് ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ചിലർക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് എന്തായാലും അവിടെയെല്ലാം എന്താ ശ്രമിക്കുന്നത് അറിവിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക നമ്മൾ അത്തരം അറിവിനെയൊക്കെ സൃഷ്ടിക്കാനും പറ്റും ആത്മാവിൻ്റെതാണ് ശാസ്ത്രത്തിൽ പറയുന്നു ഊര് പറയുന്നു അതിൽ നിന്നും ആത്മാവിനെ കുറിച്ചുള്ള ധാരണകൾ നമ്മുടെ ഉള്ളിൽ വരുന്നു പരമാത്മാവിനെ കുറിച്ചുള്ള ധാരണകൾ വരുന്നു അതിന് നമ്മൾ പറയുന്നു പരോക്ഷം അപരോക്ഷം അത് കേട്ടറിഞ്ഞത് അനുഭവിച്ചറിഞ്ഞത് ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഈ അറിവിനെ പേരിടുന്നു എന്തായാലും അതെല്ലാം എന്താണ് മുമ്പ് ഇല്ലാതിരുന്നിട്ട് പിന്നെ ഉണ്ടാകുന്നതാണ് എന്നു പറയുന്നു ഈ ആൾ ജ്ഞാനിയാണ് മറ്റേ അജ്ഞാനിയാണ് വെച്ചാൽ എന്താണ് അജ്ഞാനിക്കില്ലാത്തതുള്ള ആളാണ് ഞാനി അജ്ഞാനിക്ക് ഞാനും ഉണ്ടായിരുന്നില്ല ജ്ഞാനിക്ക് ഞാനും ഉണ്ടായി അപ്പം ജ്ഞാനീനൊരു ഉണ്ടായ ഒരു ജ്ഞാനുണ്ട് അജ്ഞാനിന് അത് ഉണ്ടായിരുന്നില്ല ഇല്ലാതിരുന്നു ഉണ്ടാകുന്ന ഞാനം ഇതെല്ലാം ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണ് ഇതല്ല ഇവിടെ പറയുന്നത് ഉണ്ടാകുന്ന ജ്ഞാനത്തിലും ഉണ്ടാകാത്ത ജ്ഞാനത്തിലും എല്ലാം പൊതുവായിരിക്കുന്ന ഒന്ന് ഒരു തത്വം അതാണ് ഇവിടെ പറയുന്നത് നന്ദത്തെക്കുറിച്ച് പറഞ്ഞു സുതശ്ചിത്ര വിഭജ്യതയേ അത് അനന്തം ഞാനും അനന്തമായിട്ടുള്ള ബന്ധം അതും പറയും ജ്ഞാനം തന്നെ അനന്തം അനന്ത അവൻ ഒരു തരത്തിലും ഭേദം ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മളീ കല്പിക്കുന്ന ഭേദങ്ങളൊന്നും അവിടെയില്ല നമ്മൾ പറയുന്നുണ്ടല്ലോ ജ്ഞാനമില്ലാത്തവൻ ഞാനുണ്ടായവൻ ജ്ഞാനി അജ്ഞാനി ഈ ഭേദം അവിടെ വരാൻ പാടില്ല എത്ര അന്യത് വിജാനാതി ഭൂമ ചാന്തത്തി പറയുന്നത് അപ്പ എത്ര അന്യത് വിജാനാതിൽപം ചാന്തത്തിൽ ചർച്ച ചെയ്യുന്ന സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് എത്ര നാണ്യത്തിൽ വിചാരാദി ഒന്നും അറിയുന്നില്ല നമ്മൾ ധരിക്കുന്ന എന്താണ് അറിയുമ്പോഴാണ് ജ്ഞാനം അറിവുള്ളവന് നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നു പരമാത്മാവിനെ കുറിച്ചാണ് അറിവെങ്കിൽ അയാളെ നമ്മൾ പറയുന്നതാണ് ഈശ്വരനെ അറിയുന്നവൻ ബ്രഹ്മത്തെ കുറിച്ച് അറിയുന്നു ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നു ഇവിടെ പറയുന്നത് എന്താണോ എത്ര അന്യത് വിജാനാദി ഒന്നിനെ അറിയുന്നില്ല ഒന്നിനെ അറിയുന്നില്ല എന്നർത്ഥം അതിനെ കുറിച്ചാണ് അടുത്ത് ചർച്ച വരുന്നത് സഭൂമ ഒന്നിനെ അറിയുന്നില്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നില്ലേ എന്ന് ചോദി അതുകൊണ്ട് അന്യത് മറ്റൊന്നിനെ അറിയുന്നില്ല അതാണ് ഭൂമ ഓ യോക്കറിയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നന്യത് വിജാനാദീന്നാണ് മറ്റൊന്നിനെ അറിയുന്നുണ്ടോ ന്രഹ്മത്തെ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടെന്ന് പറഞ്ഞാലോ പറയുന്നു എത്ര അന്യത് വിചാരാദിത് അതല്പം ഇനി മറ്റൊന്നിനെ അറിയുന്നുണ്ടെങ്കിൽ അതൽപ്പം എന്തായാലും ശരി അറിയുന്നുണ്ടെങ്കിൽ അത് അല്പമായിപ്പോയി അതാണ് ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം അല്പമായിരിക്കണം ഇവിടെ അന്യമായി ഒന്നിനെ അറിയുന്നില്ല അപ്പോൾ ബ്രഹ്മത്തിന്റെ കഥയോ ബ്രഹ്മത്തെ അറിയാതിരുന്നാൽ എങ്ങനെ ബ്രഹ്മജ്ഞാനും അതിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് അതിനടുത്ത് ചർച്ച ചെയ്യുന്നു അവിടെ അറിയണമെങ്കിൽ ്ഞാനം എന്ന് വേർതിരിക്കേണ്ടിവരും അത് എന്തിനാ അറിഞ്ഞാലും ബ്രഹ്മത്തെ ആയാലും ശരി അജ്ഞാനത്തെ ആയാലും ശരി അറിയുന്നിടത്ത് ജേയം ജ്ഞാനം എന്നുള്ള ഭേദം വരും അങ്ങനെ വന്നുകഴിഞ്ഞാലോ അനന്തതാ നസ്യ പിന്നെ അവിടെ അനന്തം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അവിടെ സംശയം വരും ശരി ബാക്കിയെല്ലാത്തിനെ സംബന്ധിച്ചുള്ള അറിവിനെയും നിഷേധിക്കാം അന്യ വിജാനാതീതി വിശേഷ പ്രതിഷേധ ആത്മാനം വിജാനാതി പക്ഷേ ബ്രഹ്മത്തെ അറിയുന്നൊന്നും എങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റും അത് അംഗീകരിച്ചില്ലെങ്കിൽ തന്നെ ഈ ബ്രഹ്മജ്ഞാനി ഇവിടെ ഉണ്ടാവും ബ്രഹ്മം തന്നെ അറിയപ്പെടാതെ പോകത്തില്ലേ പിന്നെ ആരാ നമുക്ക് ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ പറ്റും പിന്നെ ആരാ ഈ ഗുരു ബ്രഹ്മജ്ഞാനിയാണല്ലോ നമ്മൾ ഗുരു എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റൊന്നിനെയും അറിയുന്നില്ല എന്ന് പറയുന്നത് ശരി പക്ഷെ ആത്മാനം വിജാനാദി ആത്മാവിനെ അറിയുന്നു ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലോ പക്ഷേ പാരമ്പര്യം ഒന്നാം ശരിയല്ല ഭൂമലക്ഷണവിധി ഫലത്വ വക്യസ് പശ്യത്തിനോ ലക്ഷണവിധിപരം വാക്യം യഥമേ അന്യോ അന്യ പശ്യതിന് ഭൂമേതി ഭൂമസ്വരുപം താപ്യത്തെ അന്യഗ്രഹണാപ്തേധാർ നത്മനിക്യാസ്തിപരം വാക് ചിലപ്പോ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു മാനസിക ക്രിയയാണ് നമ്മൾക്ക് പിന്നെ അനുഭവമുണ്ട് ചിലപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു ചിലപ്പോൾ അത് മനസ്സ് പ്രവർത്തിക്കുന്നു മനസ്സിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് മനസ്സിൻ്റെ ഒരു ചലനം അവിടെ സംഭവിക്കുന്നുണ്ട് മനസ്സൊരു വിഷയത്തെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് അതിന് സാങ്കേതികമായി പറയുന്നത് മനസ്സിൽ വൃത്തികളുണ്ടാകുന്നു ആ വൃത്തികൾ ഇന്ദ്രിയങ്ങളിലൂടെയാണെങ്കിലും വിഷയത്തിലേക്ക് പോകുന്നു വിഷയത്താഗ്രഹിക്കുന്നു എന്തോ മനസ്സിന്റെ ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് അങ്ങനെ ഒരറിവ് സംഭവിക്കുന്നില്ലെന്നല്ല പറയുന്നത് അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്രതത്തിലും സ്വപ്നത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ സുഷുദ്ധി സംഭവിക്കുന്നില്ല എത്ര നന്ദി വിജാനാതി അത് ഭൂമ അവിടെ അത് സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രാപ്ത പ്രതിഷേധാർത്ഥത്വ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്തിനെ സംബന്ധിച്ചാലും ശരി അവിടെ നമ്മൾ മനസ്സിന്റെ ക്രിയ അംഗീകരിക്കേണ്ടി വരും പിന്നെ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലും അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിച്ച് മനസ്സിലൂടെ അറിയുന്നു അതിലൂടെ അംഗീകരിക്കുന്നു ബ്രഹ്മത്തിലും വരാം അങ്ങനെ നിഷേധിക്കുന്നു പ്രാപ്ത പ്രതിഷേധം ആത്മാവിനും അങ്ങനെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു ബോധം ആത്മബോധം അതല്ല ഇവിടെ പറയുന്നതെന്നാണ് അങ്ങനെ നിഷേധിക്കുന്നു സ്വാത്മനിക്രിയാസ്തിത്വപരം വാക്യം ിജാനാദി എന്ന് പറയുമ്പോൾ ആത്മാവിനെ അറിയുന്നു മറ്റൊന്നിനെ അറിയുന്നില്ല എന്നുള്ള അർത്ഥം ധരിക്കരുത് നമ്മൾ സാറിന് അങ്ങനെ പറയാറുണ്ട് ആണെ പറയുന്നതിന് തെറ്റുമില്ല ഇവിടെ അതിന്റെ വളരെ സൂക്ഷ്മമായ നിരുഗുണം ചെയ്യുകയാണ് അപ്പ ആരെങ്കിലും എവിടെയെങ്കിലും ആത്മജ്ഞാനിയാണ് ആത്മാവിനെ അറിയുന്നവനാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അബദ്ധം തന്നെ ഇവിടെ പറയുന്നു സാധാരണ ഇതിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്നതിന്റെ സൂക്ഷ്മമായ പരമമായ താല്പര്യം എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ക്രിയയെ അംഗീകരിച്ചുകൊണ്ടാണോ അത് പറയുന്നതല്ല തത്വജ്ഞാനികളും അങ്ങനെ പറയാറുണ്ട് ശ്രുതി എന്നെ പറയുന്നുണ്ട് വേദാഹം ഞാനിതിനെ അറിയുന്നു എന്നെല്ലാം പറയാറുണ്ട് പറയുന്നതില് നമ്മള് ധരിക്കുന്നത് പോലെയുള്ള ഒരു മാനസിക വ്യാപാരത്തെ ആ മാനസികക്രിയ അല്ല പറയുന്നു മറിച്ച് എന്തെല്ലാം മാനസികക്രിയകൾ അവിടെ പ്രാപ്തമാകാമോ പ്രാപ്ത പ്രതിഷേധാർത്ഥിക്കുക അതിന് നിഷേധിക്കുക നിഷേധിച്ചാൽ ശേഷിക്കുന്നത് ജാഗ്രതയെയും സ്വപ്നത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ് അത് അതാണ് സുഷി അവിടെ പ്രാപ്തമാകുന്ന എന്താണ് ജാഗ്രത സ്വപ്നം അതാണ് ജാഗ്രതത്തിൽ നമ്മൾ ജ്ഞാനം ശ്രവണ മനനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ഒരുപാട് ജ്ഞാനം നേടി അവസാനം ബ്രഹ്മജ്ഞാനവും നേടി പക്ഷെ സുഷത്തിച്ചെന്നാലോ അവിടെ ഒന്നുമില്ല അവിടെയാണ് സംശയം പ്രതിബദ് അവിടെ പിന്നെ അതിനെ അറിയണ്ടേ ശരി വേറെ ഒന്നിനെ അറിയുന്നില്ലെന്ന് നോക്കിയാൽ പക്ഷെ ആത്മാവിനെ അറിയണ്ടേ പറയുന്നു സ്വാധ്മാനിജ ഭേദാഭാവ വിജ്ഞാന അനുഭൂതി അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നിർത്തിയത് അങ്ങനെ ഒരു വിജ്ഞാനം ഒന്നിനെ സംബന്ധിച്ച് വിജ്ഞാനം അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഭേദം വരണം എന്നാലേ അനുഭവം ഉണ്ടാകത്തുള്ളൂ ഭേദമില്ലാത്തിടത്ത് അനുഭവമില്ല നമ്മളൊരു വിശേഷമായ അനുഭവം ഉണ്ടാകാൻ വേണ്ടി എത്ര പരിശ്രമിക്കുന്നു ഒരാൾ വളരെ അഭ്യാസം ചെയ്തു മനസ്സിനെ വളരെ നിയന്ത്രിച്ച് നിഗ്രഹിച്ച് സമാധി വരെ എത്തിക്കുന്നു ആ സമാധിയിലയാൾക്ക് അനുഭവം ഉണ്ടാകും ആ അനുഭവത്തിൽ അയാൾ ആനന്ദിക്കുന്നു സംതൃപ്തനാകുന്നു സമാധിയെക്കുറിച്ച് പറയുന്നത് എന്താണത് ലൗകികമായ അനുഭവമല്ല ഇവിടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദമല്ല അവിടെ അതിനും വലിയ ആനന്ദമാണ് അവിടുത്തെ അനുഭവം വർണ്ണിക്കാൻ കഴിയാത്തതാണ് എന്നെല്ലാം പറയുന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ ഉള്ളൊരു അനുഭവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഭേദമുണ്ട് അനുഭവിക്കുന്നവനും അനുഭവവും അനുഭവ വിഷയവുമുണ്ട് ഇവിടെ എന്ത് പറയുന്നു സ്വാത്മനുജ ഭേദാഭാവം അത് ആത്മാവിൽ ഭേദമില്ല അതുകൊണ്ട് വിജ്ഞാന അനുഭൂതി അവിടെ അനുഭവം ഉണ്ടാകത്തില്ല വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് സ്വാത്മനിജ ഭേദാഭാവാ വിജ്ഞാന അനുഭൂതി ആത്മാവിൽ ഭേദമില്ലാത്തതുകൊണ്ട് ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല അങ്ങനെ പിന്നെ ആത്മജ്ഞാനമെന്ന് പറയുന്നതോ അവിടെ എന്തുകൊണ്ടും പിന്നെ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു അവിടെ അതിന്റെ ആവശ്യമില്ല ആത്മാവ് സ്വയം അതുകൊണ്ട് അവിടെ നിങ്ങൾ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചൊരു ജ്ഞാനൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല അവിടെ ഭേദമില്ല ജ്ഞാനസ്വരൂപമായിരിക്കുന്നതിൽ ഭേദം വരാൻ വഴിയില്ല അതുകൊണ്ടവിടെ ഇനിയൊരു ജ്ഞാനം ഉണ്ടാകത്തുണ്ട് ആത്മജ്ഞാനം എന്ന് പറഞ്ഞൊരു ജ്ഞാനവും ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ആത്മാവ് സ്വയം തന്നെ ജ്ഞാനമാണ് അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ആത്മാവ് ജ്ഞാനം ഉണ്ടാകില്ല ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം ആത്മജ്ഞാനം എന്ന് പറയുന്നതോ താല്പര്യം എന്താണ് ആത്മാവ് സ്വയം ജ്ഞാനസ്വരൂപമാണ് ്ഞാനിന്നാരെ പറയും എല്ലാ ജീവന്മാരിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ഞാനസ്വരൂപം തന്നെ അപ്പം എല്ലാവരും ജ്ഞാനികളാണോ ജ്ഞാനി അജ്ഞാനിന്നുള്ള ഭേദം എങ്ങനെ ഈ ഭേദത്തെ അംഗീകരിക്കുന്നവര് അഭേദമായിരിക്കുന്ന ആത്മാവിൽ ഞാനും ഉണ്ടെന്ന് ഉണ്ടാകും ഇന്ന് വേറിട്ടൊരു ജ്ഞാനം ആ ജ്ഞാനത്തെ പ്രതീക്ഷിക്കുക ആ ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിനെ ഒന്നും അറിയാതിരിക്കുക ഇതാണ് അജ്ഞാനികളെന്ന് പറയുന്നത് ജ്ഞാനി എന്ന് പറയുന്നതോ ഈ തത്വത്തെയാണ് എന്താണോ ഭേദാഭാവ വിജ്ഞാനാണ് ഇപ്പൊ ഭേദമില്ല അതുകൊണ്ട് അവിടെ വിജ്ഞാനമില്ല മറിച്ച് എന്തെല്ലാം അതെന്നെല്ലാം നിഷേധിച്ചവൻ അതാണ് ഞാന് ജ്ഞാനിക്ക് പ്രത്യേകിച്ച് ഒരു ജ്ഞാനത്തുണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഞാന് സ്വയം ജ്ഞാനസ്വരൂപമാണ് പിന്നെ അവിടെ എന്തിനാ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ത് വേറെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ജ്ഞേയമല്ല എന്തുകൊണ്ട് ആത്മനശ്ച വിജ്ഞേയത്തെ ഞാഭാവപ്രസംഗ ആത്മാവെന്ന് പറയുന്നത് എന്ത് തന്റെ സ്വരൂപം തന്നെ ആ സ്വരൂപവും ഒരാൾ പറയുന്നു ഞാൻ എന്റെ സ്വരൂപത്തെ അറിയുന്നു അതെനിക്ക് വിജ്ഞേയമാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ അറിയുന്നവൻ ഞാത്രഭാവപ്രസംഗ പിന്നെ ജ്ഞാതാവില്ലാതെ വരും കാരണം ജ്ഞാതാവ് അറിയുന്നവനാണ് ഞാൻ ഞാതാവെന്ന് എനിക്ക് മറ്റാരെയും പറയാൻ കഴിയത്തില്ല ഞാത്താവെന്ന് പറയുന്നത് എന്നെ തന്നെയാണ് എന്റെ സ്വരൂപമാണ് ഞാതാവായിരിക്കുന്നത് ഞാൻ പറയുന്നു ഞാൻ എന്റെ സ്വരൂപത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോ ഞാൻ ഞാതാവല്ല ന്യേയമായി തീർന്നു പിന്നെ ഞാതാവ് അവിടെ ഇല്ല ആരറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല അറിയുന്ന ഒരാളില്ല അവിടെ അതുകൊണ്ട് അത് അത്തരമൊരു കാര്യം അത്ര ഒന്നിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഇവിടെ ജ്ഞാതാവായിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജേയമാക്കാൻ ശ്രമിക്കുന്നത് അത് ജ്ഞാനം തന്നെയാണ് എങ്ങനെയുള്ള ജ്ഞാനം അനന്തമായ ജ്ഞാനം നിത്യമായ ജ്ഞാനം അവിടെ ജ്ഞാതാവ് ജേയം ഇത്തരം ഭേദങ്ങളൊന്നുമില്ല ഈ ഒരുപാട് അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതോ അനുഭവങ്ങൾ ധാരാളം ആത്മാവഴികെയുള്ള എന്തിനെ സംബന്ധിച്ച അനുഭവം ഉണ്ടാവാം കാരണം നമുക്ക് അനുഭവിക്കേണ്ടതായി ഈ പ്രപഞ്ചത്തിൽ എത്രയോ വിഷയങ്ങളുണ്ട് സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ട് അത്തരം നാനാ വിഷയങ്ങളെക്കുറിച്ച് എല്ലാ അനുഭവം ഉണ്ടാവാം അത് ലൌകികമായ അനുഭവങ്ങളും അലൗകികമായ അനുഭവങ്ങളും ഉണ്ടാകാം സർവ മനുഷ്യ സാധാരണമല്ലാത്ത അനുഭവങ്ങളുണ്ടാകാം ശ്രേഷ്ഠമായ ദിവ്യമായ അനുഭവങ്ങളുണ്ടാകാം പക്ഷെ അതൊന്നും ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഭവമല്ല കാരണം ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമാണ് അതുകൊണ്ട് ആത്മാവിനെ വിഷയമാക്കുന്ന ഒരു അനുഭവം ഉണ്ടാകത്തില്ല ഉണ്ടാകുന്ന ഒരാൾ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അയാളോട് ചോദിക്കും ആർക്കതുണ്ടായി എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഞാൻ അറിവ് വിഷയമായി കഴിഞ്ഞു ഞാൻ അറിവുണ്ടായവനല്ല ആത്മനശ വിജ്ഞേയത്ത് എന്നാണ് ഇവിടെ പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു ഭാവമാണ് സ്വയം തന്നെ തന്നെ വിജ്ഞേയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ അറിയുന്നു ഞാൻ എന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നു എന്നുള്ളതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചാൽ ആ പ്രസ്താവനയെ അങ്ങനെ പറയും തത്വജ്ഞാനി പറയും തത്വജ്ഞാനിയുടെ വാക്യത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ദോഷം വരും എന്താണ് ഇവിടെ പ്രഭാവ് ഞാത്താവ് ഇല്ലാതാവും അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജ്ഞാതാവ് ഉണ്ടായതേ പറ്റൂ അല്ലാതെ നിങ്ങൾ ആരറിഞ്ഞു ആരറിയുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഞാൻ പറയുകയാണ് ഞാൻ പിന്ന വിഷയത്തെ അറിഞ്ഞു എന്നിട്ടെന്ത് ചെയ്യുന്നു പറയുന്നു ഞാൻ എന്നെ തന്നെ നിഷേധിക്കുന്നു ഞാൻ അറിഞ്ഞു പക്ഷെ അറിഞ്ഞെടുത്ത് ഞാനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം അസംബന്ധം ഞാൻ അറിഞ്ഞു പക്ഷെ അറിഞ്ഞെടുത്ത് ഞാനില്ലായിരുന്നു അറിവിന്റെ ഉടമസ്ഥനായിട്ട് ഞാൻ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാ ഞാൻ അറിഞ്ഞുവെന്നും പറയുന്നു ഇതൊക്കെ അസംബന്ധമാണ് ആത്മാവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു അസംബന്ധങ്ങളും സംഭവിക്കത്തില്ല അതുകൊണ്ട് ആത്മാവ് വിജ്ഞയമല്ല വിജ്ഞയമാണെന്ന് പറഞ്ഞാൽ പല ദോഷങ്ങളും വരുന്നു അത് അനന്തമല്ലാതെ ഇവിടെ ഇതിനെ രണ്ടിനും കൂടെ യോജിപ്പിക്കുകയാണ് ഭാഷക്കാർ ആത്മാവിന് ഒരേ സമയം ജ്ഞാനമെന്ന് പറയൂ അതേ സമയം അനന്തമെന്നും പറയൂ അപ്പൊ എന്താണ് നമ്മൾ ധരിക്കുന്ന ഈ ജ്ഞാനന്യങ്ങൾ ജ്ഞാതാണോ അതോ ഇതിനപ്പുറമാണോ അതുകൊണ്ട് ആത്മനശ വിജ്ഞയത്വ ഞാത്രഭാവപ്രസംഗ ഞാതാവ് ഇല്ലാതെ പോയതുകൊണ്ട് ഞേയത്വനെ വിനയുക്തത്വ അതിനെ നമ്മൾ ആത്മാവിനെ നമ്മൾ ന്യേയമായി സ്വീകരിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ ആത്മാവിനെ ഞേയെ കോടിയിൽപ്പെടുത്തി ഞാൻ ബ്രഹ്മജ്ഞാനിയായി ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞുകഴിഞ്ഞു അപ്പൊ ബ്രഹ്മ എന്തായി ബ്രഹ്മജ്ഞാനല്ല ഞാൻ അറിഞ്ഞ വസ്തുവായി ബ്രഹ്മത്തെ എപ്പോഴെങ്കിലും ന്യേമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാരും താനല്ലാതായിത്തീരും ഇവിടെ എന്താണ് പറയുന്നത് തത്വമസിന്റെ സ്വരൂപമാണത് എന്നാ പറയുന്നത് അപ്പൊ സ്വരൂപമായിരിക്കുകയും അതിനെ അറിയുകയും അറിയുന്നവൻ താനായിരിക്കും ചെയ്യുക ഇത് സംഭവിക്കത്തില്ല യുക്തി ഇല്ലാതെ അനുഭവത്തിനും നിനക്കുന്നതല്ല അപ്പൊ യുക്തിക്കും അനുഭവത്തിനും നിനക്കാത്ത ഒന്നിനെ തത്വമായി അദ്വീതത്തിൽ സ്വീകരിക്കത്തില്ല അതുകൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് വലിയൊരു ദോഷമുണ്ട് ആത്മജ്ഞാനി എന്ന് പറയുന്നിടത്ത് വലിയൊരു ദോഷമുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ അതിന്റെ താല്പര്യം അറിയണം എന്താണ് അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം പറയാ പറയുന്നതിന്റെ അസംബന്ധമില്ല ഏകയോ ആത്മായത്വന് അതൃത്വേന ഉദ്ഭേദ ഭവതീത് ചെയ്ത് ശരി ഇനി അങ്ങനെ സ്വീകരിക്കുക എന്താ ദോഷം ഇവിടെ ആത്മജ്ഞാനി പറയാണ് ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നത് പരമാർത്ഥമാണ് ഞാൻ ആത്മാവിനെ അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെ അറിയാൻ പറ്റും ഞാൻ സ്വയം ജ്ഞാതാവായിരിക്കുന്നു ഞാൻ തന്നെ അറിയുന്നവൻ എനിക്ക് ഞാൻ തന്നെ ന്യായമായിരിക്കും ഞാൻ എന്നെ തന്നെ അറിഞ്ഞു അതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ മറ്റൊന്നിനെ അറിഞ്ഞാൽ പോരാ നിങ്ങളെ അറിയണം നിങ്ങളുടെ സ്വരൂപത്തെ അറിയണം ഗുരുക്കന്മാർ സാണ പറയാനുള്ളതാ നമ്മളതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നിടത്ത് വരുന്ന ദോഷമാണ് ഇവിടെ പരിഹരിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്ന വാക്യം തെറ്റെന്നല്ല അതിൻ്റെ പരവുമായ താല്പര്യം എവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് മാവാണ് ഗുരുപദേശിക്കുന്നത് അത് തെറ്റെന്നല്ല പറയും എന്താണ് അതിന്റെ താല്പര്യം എന്താണ് ഞാൻ ഞാതാവായിരുന്നു കൊണ്ട് എന്റെ സ്വരൂപമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അറിഞ്ഞു എന്നാണോ അല്ല ഞേത്യനും ഞാതൃത്യനുഭേത രണ്ടും തന്നെ സംഭവിക്കാം എന്ന് കരുതിയാലോ ആത്മാവെന്ന് തന്നെ അതിൻ്റെ ആത്മാ ആത്മാ ഏക ഒന്നായിരുന്നിട്ട് തന്നെ എനിക്കതിനെ അറിയാൻ കഴിഞ്ഞു നിങ്ങൾക്കതിനാൻ കഴിഞ്ഞില്ല എന്നാണോ ഞാനീ പറയുന്നതിന് താല്പര്യമെന്നാണ് രണ്ടായിട്ട് തൻ ഞാനീ ഗുരു മറ്റുള്ളവരെല്ലാം അജ്ഞാനികൾ അജ്ഞാനി ജ്ഞാനീ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ സ്വയം എന്റെ സ്വരൂപത്തെ അറിയുന്നു അജ്ഞാനി എന്താണ് അവന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്നുള്ള വാക്യാർത്ഥത്തെയാണ് എടുക്കേണ്ടത് അല്ല ജേയത്വേനും ഞാതൃത്വേന ഉഭയതാഭവ തിരിച്ച് പക്ഷികാരം പറയുന്നു അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല വെറും ഭാവനകളാണതൊക്കെ എന്തുകൊണ്ട് യുഗപത് ന യുഗപദ് അനംസത്വ അങ്ങനെ രണ്ടും ഒരുമിച്ച് സംഭവിക്കത്തില്ല കാരണം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ഭേദം വരണം ഞാൻ നിലനിന്നും അന്യനാണ് ഞാൻ നിൽ നിന്നും വേറെയാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ഭേദമുണ്ട് ആ ഭേദമുള്ളത് കൊണ്ട് ഞാൻ നിൽ നിന്നും മാറി നിന്നും നിന്നെ അറിയുന്നു ഇത് വളരെ സ്പഷ്ടമാണ് ഭേദമുള്ളടത്ത് മാത്രമേ ജ്ഞാതാവും ജേയവും ഉണ്ടാകും ജാതാവിന് ന്യത്തെ അറിയാൻ പറ്റും ഇത്രയും വ്യക്തമായിരിക്കും നൈക്കോത് ഇവിടെ ഒരുമിച്ച് ഞാതാവായും ഞേയമായും ആത്മാവിനെ നിലനിൽക്കാമെന്ന് പറയുന്നങ്ങനെ ഭേദമില്ലാത്തടത്ത് ഭേദമുണ്ടെങ്കിൽ സംഭവിക്കും ഇവിടെ നമ്മൾ ഭേദത്തെ സൃഷ്ടിച്ച് ആ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നീ ഞാൻ നിന്നെ അറിയുന്നു അങ്ങനെ സംഭവിക്കുക അവിടെ ഞാൻ ജാതാവായിരിക്കുന്നു നീ ഞേയമായിരിക്കുന്നു ഇവിടെ അങ്ങനെ ഇല്ലല്ലോ അനംശത്വം അത് ഇത് അംശരഹിതമാണ് ജ്ഞാനത്തിൽ ഭേദമില്ല പിന്നെ എങ്ങനെ ജ്ഞാനത്തിനും ഒരു ജ്ഞാതാവും ഒരു ജേയവും എങ്ങനെ ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനിയാകും അതെങ്ങനെ സംഭവിക്കും എന്നാ ബ്രഹ്മജ്ഞാനി എന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ ധരിക്കുന്നത് ഞാൻ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെയെല്ലാം അറിയുന്നുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ജ്ഞാനി എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം ജ്ഞാനം അസ്യ അസ്ഥി ഇത് ഞാനി ജ്ഞാനം അവനൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ജ്ഞാനി എന്ന് പറയുന്നു ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ഇന്നലെ അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനിയാണ് ജ്ഞാനിയെ നമുക്ക് ഇത്രയേ ധരിക്കാൻ പറ്റും ഇതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ വയ്യ നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കുന്നു ഓരോ വിഷയത്തിലും ജ്ഞാനിയായിരിക്കുന്നു ഇതുപോലെ എങ്ങനെയാണോ നമ്മുടെ അനുഭവം ഇതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ഒരു അനുഭവം ഉള്ളവർ അതാണ് ബ്രഹ്മജ്ഞാനി നമ്മുടെ മനസ്സിലെന്ത് വരും ബ്രഹ്മജ്ഞാനിയായ ഒരാൾ അയാളുടെ ഒരു അനുഭവം അയാളുടെ അനുഭവത്തിൽ വിഷയമായിരിക്കുന്ന സത്യം ജ്ഞാനം അനന്തമായിരിക്കുന്ന ബ്രഹ്മം എന്നിട്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കൽപ്പനകളാണ് ഈ കൽപ്പനകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അനംശത്വം അംശരഹിതമാണ് അത് അംശരഹിതമാണ് അംശം അവയവം അ നിരംശമാണ് നിരവയവമാണ് നിരവയവമായിരിക്കുന്ന അതിൽ ഒരേ സമയം ജ്ഞാതാവ് ജ്ഞാനം ജേയം ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ജ്ഞാനി എന്ന് പറയുമ്പോൾ ഇത്തരം കൽപ്പനകളെല്ലാം നിരാകരിച്ചവൻ എന്ന് ഞാൻ അർത്ഥമുണ്ട് വിശേഷി എന്തെങ്കിലും സാധാരണ അജ്ഞന്മാർക്കില്ലാത്ത വിശേഷിച്ചൊരു അനുഭവത്തോടു കൂടിയവൻ എന്നതിനർത്ഥമില്ല എന്തുകൊണ്ടും അതിന്റെ ആവശ്യമില്ല സ്വയം അനുഭവസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന് ഇനി ഒരു അനുഭവത്തിന്റെ ആവശ്യമില്ല അങ്ങനെ ഒന്നും അതിലുണ്ടാകത്തുമില്ല പക്ഷെ എന്താണോ വികൽപ്പങ്ങൾ ഇത്തരം ജ്ഞാതൃജ്ഞാന വികല്പങ്ങൾ ഈ വികൽപ്പങ്ങളെല്ലാം അവിടെ നിരാകരിക്കപ്പെട്ടിരിക്കും അങ്ങനെ ഒന്ന് സംബന്ധിച്ചു അങ്ങനെ രണ്ടും നമ്മുടെ വ്യത്യാസം അവിടെ രണ്ടാമതൊരറിവ് മൂന്നാമതൊരറിവ് വലിയ അറിവ് ചെറിയ അറിവ് അങ്ങനെ ഒന്നും അവിടെയില്ല അതിന് സാധ്യത ബ്രഹ്മത്തിലല്ല മറ്റു വിഷയങ്ങളിലെല്ലാം ഉണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് ഒരറിവോ രണ്ടറിവോ നൂററിവോ ഇനി അനന്തമായ അറിവോ എന്തുകൊണ്ട് ഇവിടെ ജാതാവ് ജ്ഞാനം ജയം ഏറെയിരിക്കുന്നു ജാതാവ് ജ്ഞാനം ജയം എന്നുള്ള ഭേദമില്ലാത്ത ബ്രഹ്മത്തിൽ ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അതെങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ കൽപ്പിക്കുന്ന അബദ്ധമാണ് ആണ് പറയുന്നത് നിരവേവമായിരിക്കുന്ന ആ ബ്രഹ്മതത്വത്തിൽ യുഗപദ്തൃത്വ ഉപദ്ധി അത് സംഭവിക്കത്തില്ല ഒരേ സമയം ജാതാവ് ജേയം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അത് മാത്രമല്ല വേറെയും ദോഷങ്ങളുണ്ട് ആത്മനശാധിപത് വിജ്ഞേയത്വേ ഇനി നമ്മൾ പറയുകയാണ് അല്ല വാശി പിടിക്കുകയാണ് ശരി എനിക്കില്ലെങ്കിലും എന്റെ ഗുരുവിനെങ്കിലും ഉണ്ട് ഞാൻ ഗുരു ബ്രഹ്മത്തെ അറിഞ്ഞയാളാണ് നമുക്ക് അംഗീകരിച്ച് തീരും പറയുന്നു അങ്ങനെയാണെങ്കിൽ ആത്മനശടാധിപത് വിജ്ഞയത്തെ നിങ്ങളെങ്ങനെ സ്വീകരിക്കുകയാണ് സ്വീകരിച്ചേ പറ്റും എങ്ങനെ പറയുന്നു ശരി ഞാൻ എങ്ങനെയാണോ പാത്രത്തെയും വസ്ത്രത്തെയും ഒക്കെ അറിയുന്നത് അതുപോലെ എന്റെ ഗുരു ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലോ ആത്മനശ സ്വസ്വരൂപത്തെ ഘടാധിപ ഘട്ടപ്പെട്ടാദികളെ പോലെ വിജ്ഞയമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജ്ഞാന ഉപദേശ ആരസക്യം പിന്നെ ഗുരു ജ്ഞാനത്തെ ഉപദേശിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്തുകൊണ്ട് ഞാനുപദേശം എന്ന് വെച്ചാൽ ജേയമായിരിക്കുന്ന ഒരു വസ്തുവിനെ ധരിക്കാൻ പറയുന്നു മനസ്സിലാക്കാൻ പറയുന്നു ജേയമായിരിക്കുന്ന ഇവിടെയുള്ള അനന്തമായ പദാർത്ഥങ്ങളെ ധരിക്കുന്നത് പോലെയുള്ളൂ അതുകൊണ്ട് വിശേഷമൊന്നുമില്ല അതുകൊണ്ടെന്താ വിശേഷം ഗുരു പറയാണ് ഹിമാലയത്തിന്റെ മുകളിൽ നീലത്താമരയുണ്ട് അതുപോയി അതിനെ പോയി അറിയണം എന്ന് പറയുന്നത് പോലെ വളരെ കഷ്ടപ്പെട്ട് ഹിമാലയത്തിൽ കയറി അവിടെ ചെന്ന് നീലത്താമര കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി അതിന്റെ സുഗന്ധത്തെ ദ്രഹിച്ചു എന്താ വിജ്ഞയം എന്നുള്ള നിലക്കിയാൽ എന്താ വിശേഷം അതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു മുറ്റത്തുള്ള താമരയെ ഗ്രഹിക്കുന്നതിനു വേണ്ടി കഷ്ടപ്പാടൊന്നും വേണ്ടിയൊന്നുമില്ല രണ്ടും താമര തന്നെ രണ്ടും വിജ്ഞേയമാണ് വിജ്ഞേയമാണ് ഒന്ന് കഷ്ടപ്പെട്ട് ഗ്രഹിച്ചു മറ്റൊന്നിനെ കഷ്ടപ്പെടാതെ ഗ്രഹിച്ചു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ആത്യന്തികമായി എന്തായി ഉപദേശ ആനർത്ഥിക്കും ഉപദേശം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടിയില്ല ഉപദേശം കൊണ്ട് ശിഷ്യൻ കഷ്ടപ്പെട്ടു എന്ന് മാത്രം എന്തുകൊണ്ട് ആത്മാവിനെ വിജ്ഞയമായി സ്വീകരിച്ചിട്ടാണ് ശിഷ്യൻ മുന്നോട്ട് പോകുന്നത് ഗുരുവിന്റെ ഉപദേശത്തിന്റെ താൽപ്പര്യം ഗ്രഹിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തുവരും ആ ഉപദേശം വ്യത്ഥമായിത്തീരും ശ്രുതിയുടെ ഉപദേശം തന്നെ തത്വമസി എന്നുള്ള ഉപദേശം വ്യർത്ഥമായിത്തീരുമെന്നാണ് ഇവിടെ പറയുന്നത് തത്വമസി എന്ന് കേൾക്കുമ്പോൾ അതിന്റെ താൽപ്പര്യത്തെ നമ്മൾ ധരിക്കുന്നു എന്താണോ ആത്മാവ് എന്ന് പറയുന്നത് വിജ്ഞേയമായ ഒരു വസ്തുവാണ് ഞാൻ തപസ്സും ബ്രഹ്മചര്യവും ശ്രവണവും മനനവും എല്ലാം അനുഷ്ഠിച്ച് ആ ബ്രഹ്മത്തെ അറിയും അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ പത്തുമസി ശ്രുതി ഉപദേശിച്ചതും ഗുരു ഉപദേശിച്ചതും എല്ലാം വർദ്ധം അതൊന്നും അവിടെ വിവക്ഷിതമായ കാര്യങ്ങളല്ല വിശേഷമൊന്നുമില്ല അത് ഇതിനെ പറയുന്നത് പോലെയുള്ളൂ ഇവിടെ എന്തെങ്കിലും ഒന്നിനെ അറിയാൻ പറയുന്നത് പോലെയുള്ളൂ ആത്മജ്ഞാനം അങ്ങനെ അല്ലാധിപത് പ്രസിദ്ധസ്യ ഞാനുപദേശിച്ചോ അർത്ഥമാണ് അതുകൊണ്ട് പ്രയോജനമില്ല എന്തുകൊണ്ട് ഈ ലോകത്തുള്ള പല വസ്തുക്കളും നമുക്ക് അറിയാൻ വയ്യാത്തതുണ്ട് ഒരുപാട് വസ്തുക്കൾ നമുക്കറിയാവുന്നതും ഉണ്ട് ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ അത് ചിലപ്പോൾ അത് ശ്രേഷ്ഠമായിരിക്കും നമുക്ക് ഉപയോഗമുള്ളതാണ് അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ അത് ഗുണമുള്ളതാണ് അതുകൊണ്ട് അർത്ഥകാമങ്ങളെയൊക്കെ പ്രാപിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നു അതിശ്രേഷ്ഠമാണ് പക്ഷേ അത് അർത്ഥവാനല്ല പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ അത് തരത്തില്ല അങ്ങനെ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അറിയുന്നുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുമുണ്ട് പക്ഷേ പരമാർത്ഥം അതിൻ്റെ പ്രയോജനമല്ല മറ്റ് പ്രയോജനങ്ങളില്ലെന്നല്ല പറയുന്നു മറ്റ് പ്രയോജനങ്ങളുണ്ടാവും ഇവിടെ ചിന്തിക്കുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ് പരമാർത്ഥം അതിന്റെ പ്രയോജനമായി വേണം അത് ജേയമായ ഒന്നിനെ അറിയുന്നത് കൊണ്ട് പരമപുരുഷാർത്ഥം സാധ്യമാകത്തില്ല കാരണം അപ്പോൾ അറിയുന്നത് ആത്മാവിനെ ആയിരിക്കില്ല മറ്റെന്തിനെങ്കിലും ആയിരിക്കില്ല ആത്മാവിനെങ്ങനെയാണോ അറിയേണ്ട ആ രീതിയിലായിരിക്കില്ല അറിഞ്ഞത് കാരണം നമുക്ക് അറിയേണ്ട വിഷയങ്ങൾ ഉണ്ട് അറിയാൻ പാടില്ലാത്ത വിഷയങ്ങളുമുണ്ട് പക്ഷേ ഇത് രണ്ടും ഒരേ സ്വഭാവത്തിൽപ്പെട്ടാണെന്നാണ് രണ്ടും ജയങ്ങളാണ് ജയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതാണ് അറിയാനുള്ള യോഗ്യതയുണ്ട് പക്ഷെ ഇതുവരെ അറിഞ്ഞില്ല അതാണ് ജേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാം ഒരുപക്ഷെ അറിയാതിരിക്കാം അപ്പോൾ ആത്മാവൊഴികെ സർവ്വവും ജേയകോടിയിൽപ്പെട്ടു കഴിഞ്ഞു ഏതുപോലെ ഘടാധിപത് പ്രസിദ്ധ സിയ ഞേയരൂപത്തിലെല്ലാം പ്രസിദ്ധമാണ് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അത് ന്യേയെന്നുള്ള അല്ലെങ്കിൽ പ്രസിദ്ധമാണ് ജേയമാണ് അറിയാൻ യോഗ്യത ഉള്ളതാണ് മറ്റുള്ളവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എനിക്കും അതറിയാം അങ്ങനെ ഞേയരൂപത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ അറിഞ്ഞിട്ട് യാതൊരു വിശേഷമുണ്ട് പരമപുരുഷാർത്ഥത്തെ ലാഭിക്കത്തില്ല ലാഭിച്ചിരുന്നെങ്കിൽ ഇതുവരെ അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പരമപുരുഷാർത്ഥത്തെ പ്രാപിച്ചിരിക്കുന്ന കാരണം ഇതുവരെ അറിഞ്ഞതെല്ലാം ന്യമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം ന്യേയമാണ് ഇതിനെയെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് കൃതാർത്ഥത അനുഭവപ്പെടുന്നില്ല കൃതകൃത്യത അനുഭവപ്പെടുന്നില്ല മനസ്സിന് വിശ്രാന്തി വരുന്നില്ല ജിജ്ഞാസക്ക് ശമനം വരുന്നില്ല സംസാരത്തിന് ഉപരതി വരുന്നില്ല ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്തുകൊണ്ട് അറിയുന്നതല്ല ഞേയമാണ് ഞേയത്വേന പ്രസിദ്ധമായതാണ് ആ അറിവെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെയും മേശയും അറിയുന്നത് പോലെയുള്ള ജ്ഞാനോപദേശം എന്ന അർത്ഥമാണ് ഞാനോപദേശം വർദ്ധമായി തീരും അതുകൊണ്ട് അത്തരത്തിൽ ആത്മാവിന് ഞേയമായി അറിയുന്ന കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതല്ല ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതല്ല തത്വമസ്യയുടെ താല്പര്യം അതല്ല ഗുരു പറയുന്നു നീ എത്ര കഷ്ടപ്പെട്ടും ആത്മബോധത്തെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതല്ല അതാണെന്ന് ധരിച്ചാലോ അതിനറിയേണ്ട ഒരു വിഷയമായി ധരിച്ചാലോ ആ ഉപദേശം അർത്ഥശൂന്യമായി തീരും തസ്മാ ൃത്വസതി ആനന്ദ്യാനുപത്തി അതുകൊണ്ട് ആത്മാവ് ജ്ഞാതാവായിരിക്കുക അസ്വമേത അനന്തമായിരിക്കുക അത് ശരിയാകത്തില്ല ആത്മാവ് ജേയമായിരിക്കുക അസ്വമേത അനന്തമായിരിക്കുക അത് ശരിയാകത്തില്ല അപ്പൊ അനന്തം എന്നുള്ളതിൻ്റെ അർത്ഥം വ്യാപകം എന്നാണ് അങ്ങനെ വ്യാപകം എന്നുള്ളൊരർത്ഥം അതിന് പറയുന്നത് കൊണ്ട് അവിടെ ഈ ഞാതൃത്വം ന്യേയത്വം ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ഞാതൃത്വവും ഒരു തരത്തിലുള്ള ന്യേയത്വവും അംഗീകരിക്കാതെയാണ് ആത്മജ്ഞാനത്തെക്കുറിച്ചും ആത്മജ്ഞാനിയിൽ നിന്നും ആത്മാനുഭവം എന്നും എല്ലാം പറയുന്നു ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ടും അത്തരം ശബ്ദങ്ങൾ പ്രയോഗിക്കാം അപ്പം ഇത്തരം നിഷേധങ്ങളെ ശേഷിക്കുന്നതാണ് ആ ശബ്ദങ്ങളുടെ എല്ലാം താല്പര്യം ഏതെങ്കിലും തരത്തിലുള്ള അറിവിനെ ആർജിക്കാൻ വേണ്ടി പറയുന്നതുണ്ട് ആത്മാവിനെയും വിജ്ഞയമായി കരുതി അതിനെ ധ്യാനിച്ച് വെളിപ്പെടുത്താൻ പറയുന്നുണ്ട് സ്വയം വെളിപ്പെട്ടിരിക്കുന്നു അതിനെങ്ങനെ ധ്യാനിച്ച് വെളിപ്പെടുത്തുന്നു സ്വയം സ്ഫുടവും സ്പഷ്ടവുമായിരിക്കുന്ന എങ്ങനെ ഒരാൾക്ക് സ്പഷ്ടമാക്കാൻ പറ്റും അബദ്ധമല്ലേ പറയുന്നു എനിക്ക് ആത്മാവ് സ്പഷ്ടമല്ല പക്ഷെ എന്റെ ഗുരുവിനത് സ്പഷ്ടമാണ് എന്താ ഗുരു അസ്പഷ്ടമായിരുന്ന ആത്മാവിനെ സ്പഷ്ടമാക്കോ എന്നാണ് നമ്മൾ ധരിക്കേണ്ടത് ആത്മാവ് ഒരിക്കലും അസ്പഷ്ടമല്ല അതിനങ്ങനെ അസ്പഷ്ടമായിരിക്കാൻ പറ്റത്തില്ല അത് സദാസ്പഷ്ടമായിരിക്കുന്നതാണ് അതിനാർക്ക് സ്പഷ്ടമാക്കാൻ പറ്റും സ്വയം പ്രകാശിക്കുന്നതിനാർക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും എന്നാലും നമുക്കത് പറയാതിരിക്കാൻ വൈ എന്താണ് അതിനെ പ്രകാശിപ്പിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ആത്മാവിനെ കുറിച്ച് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ബോധിപ്പിക്കുന്ന എല്ലാ ഉപദേശവും വ്യർത്ഥമാകും ആത്മാവ് അനന്തമാണെന്ന് പറഞ്ഞും വ്യർത്ഥമാവും ഞാത്ത ജേയം തുടങ്ങിയ ഭേദങ്ങൾ അംശങ്ങളുള്ളിടത്ത് അനന്തത നിലനിൽക്കത്തില്ല അതുകൊണ്ടിവിടെ ഉള്ള ഭേദനിരാകരണം ആ ഭേദനിരാകരണത്തിന് ശേഷിക്കുന്ന സന്മാത്രമായ വസ്തു ചെന്മാത്രമായ വസ്തു അതിനാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് അതിനാണ് വികൽപ്പരഹിതം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വികൽപ്പത്തെ സൃഷ്ടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയല്ല സന്മാതൃത്വം ചാനുപന്നം ജ്ഞാന കർത്തൃത്വാദി വിശേഷ വ്യത്യസ്ത അതുകൊണ്ട് ഇവിടെ പറയുന്ന മൂന്നോ കാര്യങ്ങൾ ഒന്നാണ് സത്യം ജ്ഞാനം അനന്തം അപ്പൊ ഈ ആത്മാവിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ പേശക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ മൂന്ന് ലക്ഷണവും കൂടെ യോജിക്കത്തില്ല മൂന്ന് വിശേഷങ്ങളും യോജിക്കത്തില്ല സന്മാതൃത്വനെ സത് എന്ന് പറയുന്നു അത് യോജിക്കത്തില്ല നേരത്തെ പറഞ്ഞു അനന്തത യോജിക്കത്തില്ല ചിന്മാതൃത്വം അവിടെ യോജിക്കത്തില്ല സന്മാതൃത്വം യോജിക്കത്തില്ല ഞാനും എന്തുകൊണ്ട് ജ്ഞാന കർത്തൃത്വ അതിവിശേഷവത്വേ കേവലം സത്ത് മാത്രമാണെന്ന് പറയും പിന്നെ അതിൽ ജ്ഞാന കർത്തൃത്വം എന്ന് പറയുന്ന ഒരു ധർമ്മം ഉണ്ടെന്ന് പറയും എങ്ങനെ അത് കൊരത്തപ്പെടും അത് സന്മാത്രമായിരിക്കുന്നത് എന്താണ് അവിടെ സർവധർമ്മങ്ങളെയും നിരാകരിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ ഞാനെ കർത്തൃത്വം ഞാനെ കർത്തൃത്വം എന്ന് വെച്ചാൽ ആ ഞാൻ ആത്മാവിനെ അറിയുന്നവനാണ് എനിക്ക് ആത്മാവിന്റെ അനുഭൂതിയുണ്ട് ഈ ഒരു ഭാവം അവിടെ എങ്ങനെ സംഭവിക്കും കേവലം സത്തായിരിക്കുന്നു എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു വികാരം എന്ന് പറയേണ്ടി വരും വികാരങ്ങൾ സാധ്യമല്ല വികാരം വന്നു കഴിഞ്ഞാൽ അതിന് പറയാൻ കഴിയില്ല വികാരം വന്നാൽ അത് നശിച്ചുപോകും അപ്പൊ സത്മാത്രമായി സ്വീകരിക്കുക എന്നിട്ട് അവിടെ പറയുക എന്താണ് ഞാൻ അതിനെ അറിയുന്നു എന്നെല്ലാം പറയുക ഇതൊക്കെ അസംബന്ധമാണ് സന്മാത്രത്വൻ്റെ സത്യത്വം സന്മാത്രം അതാണ് സത്യം എന്ന് പറയുന്നത് ആത്മാവ് സത്യമാണ് അത് മാത്രമേ സത്യമായിട്ടുള്ളൂ അത് ജ്ഞാനമാണത് മാത്രമേ ജ്ഞാനമായിട്ടുള്ളൂ അത് അനന്തമാണ് അത് മാത്രമേ അനന്തമായിട്ടുള്ളൂ സത്യം ജ്ഞാനം അനന്തം എന്ന് പറഞ്ഞ് ഒന്നിന് മൂന്നായി ഇവിടെ വിഭജിച്ച് കാണിക്കുകയല്ലോ സത്യം ജ്ഞാനം അനന്തം എന്നുള്ള മൂന്ന് ശബ്ദങ്ങളിലൂടെ ആ മൂന്ന് ശബ്ദം അർത്ഥമുള്ള ആ മൂന്ന് ശബ്ദത്തിന്റെയും വാച്ച അർത്ഥങ്ങളോട് അതിൻ്റെ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചു തരികയാണ് അവിടെ സർവഭേദങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അത് സത്യമാണ് അതാണ് സന്മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് തത് സത്യം ചേതഗേതു എന്ന് ചേതഗേതുവിന് ഉപദേശിച്ചു കൊടുക്കുന്നു ശ്രുത്യന്തിരാ അതുകൊണ്ട് ആത്മാവിനെ അല്ലെങ്കിൽ സ്വസ്വരൂപത്തെ സത്യമെന്ന് പറയുകയും അതിനെ ഞാൻ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് പരസ്പരവിരുദ്ധമാണ് നിങ്ങളതിനറിഞ്ഞാൽ അത് സത്യമായിരിക്കത്തില്ല അറിഞ്ഞതൊന്നും ഇതുവരെ സത്യമല്ല എന്തിലൂടെയെങ്കിലും ജ്ഞാനത്തിലൂടെയോ യോഗത്തിലൂടെയോ മറ്റെന്തെങ്കിലും അഭ്യാസത്തിലൂടെയോ ആരെങ്കിലും എന്തിനെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും സത്യമല്ല തത്സത്യം അതൊന്നു മാത്രമേ സത്യമായിട്ടുള്ളൂ അതിനെ നമുക്ക് പറയാം അത് ജ്ഞാനമാണ് എന്ന് പറയാം പക്ഷെ അതിന് ജ്ഞാതാവുന്നോ ജ്ഞേയമെന്നോ പറയാൻ കഴിയത്തില്ല തസ്മാൻ സത്യാനന്ദ ശബ്ദാഭ്യാംസ വിശേഷണത്വന ജ്ഞാനശബ്ദ സി പ്രയോഗ ഭാവസാധനോ ജ്ഞാനശബ്ദ മുമ്പ് പറഞ്ഞ കാര്യം ജ്ഞാനം അവബോധോ ഭാവസാധനോ ജ്ഞാനശബ്ദോ ബ്രഹ്മവിശേഷണത്വ സത്യാനന്ദാഭ്യാംസഹ അതിനെ ഇവിടെ വിശദീകരിക്കുകയാണ് അത് ആ ജ്ഞാന ശബ്ദത്തെ സത്ത് ചിത്ത് രണ്ടിനോടും സത്ത് അനന്തം ഈ രണ്ടിനോടും ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുകയാണ് സത്യം ജ്ഞാനം അനന്തം സത്യം ആനന്ദം രണ്ടിനോടും ബന്ധപ്പെടുത്തി പറയുകയാണ് തസ്മാത് സത്യാനന്ദ ശബ്ദാഭ്യാൻ സഹവിശേഷണത്വേന ജ്ഞാനശബ്ദ സ് പ്രയോഗം കേവലം ജ്ഞാനശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രയോഗിച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കും കാരണം എന്തുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് മറ്റേതിനേക്കാളും പരിചയമുള്ളൂ എന്നാണ് ജ്ഞാനം ജ്ഞാനത്തിലൂടെയാണ് ജ്ഞാനത്തിന്റെ സഹായത്തിലൂടെയാണ് നമ്മൾ ബാക്കി സർവത്തെയും പരിചയപ്പെട്ടിരിക്കുന്നത് ആ ജ്ഞാനത്തെ മാത്രം പറയണെന്താണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുദ്ധരിക്കും ആ തെരുദ്ധാരാണ് നമ്മൾ പറയുന്ന ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് ബ്രഹ്മത്തെ അറിയുന്നവനാണ് ഈ ബ്രഹ്മം അതാണ് ആ ബ്രഹ്മത്തെ നിരാകരിക്കുന്നു ഞാൻ ജ്ഞാനിയാണ് എന്ന് പറയുന്നത് ഭ്രമമാണ് ഗുരുജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ അത് ഭ്രമം എന്നല്ല പറയുന്നു പക്ഷെ ഗുരുജ്ഞാനിയാണെന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലെന്താണല്ലോ അത് ഭ്രമം അതാണ് പറയുന്നത് അതുകൊണ്ട് കേവലം ജ്ഞാനശബ്ദം പ്രയോഗിച്ചില്ല ഭാഷകാർ ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞില്ല അപ്പോ എന്താണ് ഇതിന്റെ എല്ലാം ഉപദേശം ഉദ്ദേശം ഈ ഉപദേശത്തിന്റെ ഉദ്ദേശ്യം എന്താണ് ആ ഭ്രമങ്ങളെല്ലാം ഇതിനെ സംബന്ധിച്ച് വരുന്ന എല്ലാ ഭ്രമങ്ങളെയും നിരാകരിക്കുക അത് ചെയ്യാനുള്ളൂ അത് എത്രയോ തവണ ഭാഷ്യക്കാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നിരാകരണം അതാണ് മുഖ്യം ഈ ശബ്ദങ്ങൾക്ക് അർത്ഥമില്ലെന്നല്ല അതെല്ലാം ഉണ്ട് അതെല്ലാം ആത്യന്തികമായി ചിന്തിക്കുന്ന എന്താണ് ഇതിൽ ഈ കൽപ്പനകളെ ഭാവനകളെ നിരാകരിക്കുക നിരാകരിച്ചു പിന്നെ അസ്വയം ജ്ഞാനസ്വരൂപമാണ് അവിടെ പിന്നീട് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല അസത്യം എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെന്ത് ചോദിച്ചാൽ സത്യത്തിലാണത് നിലനിൽക്കുന്നത് അത് പിന്നീട് എന്തെന്നുള്ള പ്രശ്നം വരുന്നില്ല പരിച്ഛിന്നമായിരിക്കുന്ന ഇതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെന്താണ് കാരണം ഇത് അനന്തമാണ് അനന്തത്തിലാണ് ഈ പരിച്ഛിന്നത അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഇവിടെ ചോദിക്കുന്നില്ല നമ്മൾ ആപേക്ഷികമായി സത്യത്തെയും അസത്യത്തെയും അജ്ഞാനത്തെയും അനന്തത്തെയും പരിച്ഛിന്നത്തെയും ഒക്കെ കാണുന്നിടത്താണ് ആ ചോദ്യങ്ങളും സമാധാനമൊക്കെ വരുന്നത് ആത്മാവിനെ സംബന്ധിച്ച് പിന്നീട് എന്ത് ശേഷിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അതുകൊണ്ട് തസ്മാൻ സത്യ അനന്ത ശബ്ദാഭ്യാം സഹവിശേഷണത്വേന ജ്ഞാനശബ്ദത്തിൽ പ്രയോഗുക സത്യം അനന്തം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങളോടൊപ്പം ബ്രഹ്മവിശേഷണമായി ജ്ഞാനശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഭാവസാധനോ ജ്ഞാനശബ്ദ ഭാവവിത്പത്തികമാണോ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനം കൊണ്ട് കേവല ചിത് ചിന്മാത്രസ്വരൂപം ജ്ഞാതൃയഭേദശൂന്യമായ തത്വം അതാണ് ആ തത്വം എവിടെ അങ്ങനെ ഒരു തത്വം ജ്ഞാതൃജ്ഞാന ഭേയശൂന്യമായ തത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദത്തിനപ്പുറം എവിടെയാ തത്വം പറഞ്ഞു വരുന്നത് ആ തത്വത്തിലാണ് ഈ ഭേദങ്ങളല്ല ഞാതൃജ്ഞാന ജ്ഞേയ ശബ് ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്ന തത്വഭേദമാണ് അതെന്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു പരസ്പര സാപേക്ഷമാണ് ഈ മൂന്നും ഞാതാവ് ജ്ഞാനം ഒന്നിന് നിൽക്കാൻ പറ്റത്തില്ല ജാതാവിന് മാത്രം നിൽക്കാൻ പറ്റത്തില്ല ഞേയമില്ല ജ്ഞാനമില്ലെങ്കിൽ പിന്നെ ആരാ ജാതാവ് കാഴ്ചയില്ലെങ്കിൽ പിന്നെ ആരാ കാഴ്ചക്കാരുണ്ട് കാണാനൊന്നുമില്ലെങ്കിൽ കാഴ്ചക്കാരനുണ്ട് ഞാതാവ് ജ്ഞാനങ്ങൾ പരസ്പര സാപേക്ഷമാണ് പരസ്പര സാപേക്ഷമായിരിക്കുന്നത് സ്വയം നനല്ക്കുന്നല്ല അതിനൊരു ലൗകിക ന്യായം പറയും സാധാരണ വള്ളത്തിന് വള്ളത്തോട് കൂട്ടി കെട്ടിയാൽ നീക്കത്തില്ല രണ്ടും പോകും വള്ളത്തെ നിലനിർത്തണമെങ്കിൽ എന്തുവേണം കരയിലടിച്ചിരിക്കുന്ന കുറ്റിയിൽ കിട്ടണം ലൗകിക ന്യായങ്ങളിൽ പറയുന്ന ഒരു ഉദാഹരണമാണ് എന്നാലും അതിന് നിലനിൽക്കാൻ പറ്റും വെള്ളത്തിൽ അതിന് കിടക്കാൻ പറ്റുമോ അല്ലാതെ അത് എവിടെയെങ്കിലും ഒഴിഞ്ഞു പരസ്പര സാപേക്ഷമായിരിക്കുന്ന കാര്യങ്ങൾ സ്വയം നിലനിൽപ്പില്ല അതുകൊണ്ട് ജ്ഞാതാവ് അല്ലെങ്കിൽ ജ്ഞാനം മാത്രം നിക്കുക ജ്ഞാതാവും ജ്ഞേയുമില്ല അതൊന്നും നടക്കത്തില്ല ഞാൻ പറയുന്നു ആ എനിക്ക് പുസ്തകത്തെ ജ്ഞാനമുണ്ട് പക്ഷെ പുസ്തകവും ജ്ഞാനമുണ്ട് അത് സംഭവിക്കത്തില്ല ഇനി പറയുന്നു പുസ്തകമുണ്ട് പക്ഷെ അറിയുന്ന ഞാനും ഇല്ല പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുമില്ലാതുമില്ല പിന്നെ ഇവിടെ എവിടെ ആ പുസ്തകം നിൽക്കുന്നു അപ്പൊ ഇത് പരസ്പര സാവേഷ്യങ്ങളാണ് പരസ്പര സാവേഷങ്ങളായിരിക്കുന്ന ഇവയ്ക്ക് സ്വയം നിലനിൽക്കാൻ സാധ്യമല്ല ഇതിനെ നിലനിർത്തുന്ന ഒന്നുണ്ട് അതിനു ഇവിടെ സത്യം ജ്ഞാനും അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു അവിടേക്കാണ് ഇവിടെ ഭാഷകാരം കൊണ്ടുപോകുന്നത് അതെന്താണ് അവിടെ അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് ഭാവസാധനമാണ് എന്നുവെച്ചാൽ കേവല ചിത്ത് അതാണ് സത്യത്തിൽ നിന്നും അനന്തത്തിൽ നിന്നും വരുതിരിഞ്ഞിരിക്കുന്ന ഒന്നല്ല അത് നമ്മുടെ ഈ ജ്ഞാനം എന്ന് പറയുന്ന എന്താണ് പുസ്തകജ്ഞാനം അസത്യത്തിൽ നിന്നും അനന്തത്തിൽ നിന്നും ഒക്കെ മാറിയിരിക്കുന്നതാണ് എന്തുകൊണ്ട് ആ ജ്ഞാനം അനന്തമല്ല എന്റെ ഉള്ളിൽ നൂറുകോടി ജ്ഞാനങ്ങളുണ്ട് അതിലൊന്നേയാകുന്നുള്ളൂ പുസ്തക ജ്ഞാനം അപ്പോൾ അതെങ്ങനെ അനന്തമാവും ഞാൻ എത്രയോ ജ്ഞാനങ്ങൾ എന്നിലുണ്ടായി നശിച്ചു ഈ ശരീരത്തിൽ ജ്ഞാനം എങ്ങനെ അനന്തമാവും അതല്ല ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഭാവസാധനമായ ചിത് മാത്രമായിരിക്കുന്നു കേവല ബോധമായിരിക്കുന്നു ജ്ഞാനത്തെ ആ ജ്ഞാനത്തിൽ പേക്ഷ്യങ്ങളായിരിക്കുന്ന ഞാതൃജ്ഞാനനയങ്ങൾ നിലനിൽക്കുന്നു അതിന്റെ ആധാരമായിരിക്കുന്നത് അതിനാണ് നിലനിൽക്കുന്നത് അതിലൂടെ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാതൃജ്ഞാനങ്ങളെ നിഷേധിച്ചാലും ചിത്ത് ശേഷിക്കും ഇതിനൊന്നും ആശ്രയിക്കാതെ തന്നെ അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചിത്തിനെ നിലനിൽക്കുന്നതിന് ഞാതൃജ്ഞാനനേയങ്ങളുടെ ആവശ്യമില്ല അതിനാണിവിടെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ശ്രുതി പറയുന്നത് തസ്മാ സത്യാനന്ദ ശബ്ദാഭ്യാസവിശേഷണത്തിയുടെ ജ്ഞാനശബ്ദ സെ പ്രയോഗ ഭാവസാധനവും ജ്ഞാനശബ്ദ അതുകൊണ്ട് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്നിവിടെ വ്യക്തമായി ധരിക്കണം അതറിയുന്നവനല്ല എന്തിനെങ്കിലും ഒരു ജീവന് അറിയാൻ സഹായിക്കുന്ന ഞാനുമല്ല ജീവൻ അറിയുന്ന എന്തെങ്കിലും ഒരു വിഷയവും വേണ്ട എന്നാൽ ഈ മൂന്നിനും ആധാരമായിരിക്കുന്നതാണ് മൂന്നിനെയും നിലനിർത്തുന്നതാണ് ഈ മൂന്നിനെയും നിഷേധിക്കുന്നതുമാണ് അതിനെ കഴിയത്തുള്ളത് ഇതിനെ നിലനിർത്താനും നിഷേധിക്കാനും മറ്റൊന്നും കഴിയത്തില്ല അതാണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അനന്തവും സത്യവുമായിട്ടതിന് ഭേദമില്ല അത് സ്വയം ജ്ഞാനസ്വരൂപമാണ് ജ്ഞാന വിഷയമല്ല ജ്ഞാനം ബ്രമേരി കർത്തൃത്വാദി കാരക നിവൃത്യർത്ഥം മൃതാധിപത് അജിത് ഒരുപതാ നിവൃത്തിയർത്ഥം ചയോഗിക്കതേ വീണ്ടും ആ ചോദ്യമാണ് അങ്ങനെയാ പിന്നെ ഈ ജ്ഞാനം ഇന്ന് എന്തിനു പ്രയോഗിക്കണം നമുക്ക് പരിചയമുള്ള ഈ ജ്ഞാനത്തെ ബോധിപ്പിക്കാനല്ലെങ്കിൽ പിന്നെ ജ്ഞാന ശബ്ദം എന്തിനു പ്രയോഗിച്ചു പറയുന്നു ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറിയുന്ന ജ്ഞാനമല്ല പിന്നെ ഈ ജ്ഞാനശബ്ദം പ്രയോഗിച്ചിട്ട് നമ്മൾ എന്താ ധരിക്കേണ്ടത് ആ ശബ്ദത്തിന്റെ അർത്ഥത്തെ അല്ല ധരിക്കേണ്ട എങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഈ ശബ്ദം പ്രയോഗിക്കുന്നോണ്ട് എന്താ അർത്ഥം പുസ്തകമെന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ അർത്ഥത്തെ നിങ്ങൾ ധരിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ ആ ശബ്ദപ്രയോഗത്തിന് എന്താ അർത്ഥമുള്ളത് ഭ്രാന്തപ്രലഭനം എന്നല്ലേ പറയാൻ പറ്റും അതുപോലെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു അത് ജ്ഞാനമാണ് എന്നിട്ട് പറയുന്നു ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ല ആ ജ്ഞാനത്തെ ഗ്രഹിക്കരുത് ഇതിൽ എന്താണ് വൈരുദ്ധ്യമാണ് പ്രതീതമാണ് അതിനു സമാനം വരുന്നു ജ്ഞാനം ബ്രഹ്മേരി ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി കർത്തൃത്വാദി കാരക നിവൃത്തിയർത്ഥം അതിനുവേണ്ടിട്ടാണ് കർത്തൃത്വം തുടങ്ങിയ കാരകങ്ങൾ തന്നിൽ വരുന്ന ആ കാരകത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് കാരകത്വം എന്ന് പറയുന്നത് ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നവനാണ് ഇതാണ് കാരകത്വം ഞാൻ കാരകത്വം എന്ന് പറയുന്നതാണ് തന്നിൽ എന്ത് ചെയ്യുന്നു അറിയുന്നവൻ എന്നുള്ള ഭാവത്തെ ആരോപിക്കുന്നു എന്തിനിയുന്നു എന്തിനാ ബ്രഹ്മം വരെയുള്ളതിനെ അറിയുന്നവൻ എന്നുള്ള ആ തന്നിൽ ആരോപിക്കുന്നു ജ്ഞാനം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ജ്ഞാനത്തെ ബ്രഹ്മത്തിന്റെ വിശേഷണമായിരിക്കും അല്ലെങ്കിൽ ലക്ഷണമായിട്ടെടുക്കും എന്നിട്ട് പറയുന്നു ആ ജ്ഞാനം പറയുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മം എന്താണ് അത് സത്തും അനന്തവുമാണ് എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തെ ജ്ഞാനവും സത്യവും അനന്തവുമായിട്ട് ബോധിപ്പിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു കർത്തൃത്വാദി കാരകങ്ങളെ നിഷേധിക്കുന്നു അതാ എന്റെ ഫലം തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള തന്റെ മിഥ്യാധാരണകളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗ ശരിക്കും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ എന്താണ് ഭാഷകാരൻ ഇവിടെ വിഷിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ബ്രഹ്മജ്ഞാനികളുടെയും ഭ്രമം മാറിക്കിട്ടും ബ്രഹ്മജ്ഞാനമെന്നുള്ള ഭ്രമം അത് മാറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നിവൃത്തിയർത്ത നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് എന്തൊക്കെ മിഥ്യാധാരണകളാണോ ഇതിനെ സംബന്ധിച്ച് തൻ്റെ ഉള്ളിലുള്ളത് അതിനെ നിഷേധിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എന്തെങ്കിലും അസംബന്ധമായ ഒരു പുതിയ ജ്ഞാനത്വങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇങ്ങനെയുള്ള കൽപ്പനകൾ നാനാ കൽപ്പനകൾ ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുമുള്ള കൽപനകൾ അർത്ഥരഹിതമായ കൽപ്പനകൾ ആ കൽപ്പനകൾ നിഷേധിക്കും കർത്തൃത്വവാദി കാരകം നിവർത്തിയെടുക്കും കർത്തൃത്വവാദി കാരകങ്ങളെ താൻ തന്നിൽ ആരോപിച്ചിരിക്കുകയാണ് സ്വീകരിച്ചിരിക്കുകയാണ് അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി മൃതാധിപത് അച്ദ്രൂപത എന്നുള്ള തീർത്ഥം ജ്ഞാനം എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ശരി ബാക്കിയുള്ള നിഷേധിച്ച് നമുക്ക് മനസ്സിലാക്കാം അസത്യമല്ല സത്യമാണെന്ന് മനസ്സിലാക്കാം പരിച്ഛന്നമല്ല അനന്തമാണെന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കാം പക്ഷെ ജ്ഞാനത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ് നമുക്ക് രണ്ട് വസ്തുക്കളെ കൂടെ പരിചയ ഒന്ന് ചിത്ത് മറ്റൊന്ന് ജഡം ഒന്ന് അറിവ് മറ്റൊന്ന് അറിവിന് വിഷയമായിരിക്കുന്ന ജഡവസ്തുക്കൾ അപ്പോ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ശബ്ദം കൊണ്ട് ജ്ഞാനത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ നേരെ അതിന് വിപരീതമായിരിക്കുന്ന ജഡം വരും അതാണോ ബോധിപ്പിക്കുന്നത് നിന്റെ സ്വരൂപം ജ്ഞാനശൂന്യമായിരിക്കുന്ന ജഡമാണ് സാധാരണ നമ്മൾ സുഷൃത്തിയെ കുറിച്ച് പറയുന്നത് പോലെ സുഷൃക്തി ജഡമാണ് ഒന്നും അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ അതുപോലെ അച്ദ്രൂപത ജഡപ്പും അവിടെയാണോ ഇനി നമ്മൾ ചെന്നെത്തിച്ചേരുന്നത് കാരണം വേദാന്തം അദ്വൈതം ഏതാണ്ട് പറഞ്ഞാൽ അദ്വൈതം അദ്വൈതം ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ യോഗവാസിഷ്ടമോ അല്ലെങ്കിൽ അഷ്ടാവക്കർ ഗീതയൊക്കെ വായിച്ചിട്ട് പെട്ടെന്ന് ബ്രഹ്മജ്ഞാനികളാകുന്നു അവർ പറയുന്നു എന്താണ് എനിക്ക് കർത്തവ്യമില്ല എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ആത്മാവാണ് എന്ന് പറയുന്ന വൃദ്ധപ്രലാപനങ്ങൾ പോലെ അതുപോലെയാണോ സംഭവിക്കുന്നത് അങ്ങനെ വന്നുചേരും പിന്നെ അയാൾ നിഷ്ക്രിയനും നിരർത്ഥനുമായിത്തീരും എന്താണ് ആ ഉപദേശത്തിൻ്റെ പ്രയോജനം എന്നുവെച്ചാൽ സ്വയം ജഡത്വത്തെ പ്രാപിക്കുമോ സ്വയം ശൂന്യതയെ ആണോ പ്രാപിക്കുന്നത് അച്ദ്രുഹത്തും ജടത്വം അതാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറിന് പറയാറുണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല ആൾക്കാർ പറയും എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മമാണ് എനിക്കൊന്നും ചെയ്യാനില്ല എന്നെല്ലാം പറയുന്നത് പോലെയാണ് ഞാൻ ബ്രഹ്മമാണ് എനിക്കൊന്നുമില്ല ഞാൻ കൃതകൃത്യതാണ് എനിക്ക് കർമ്മങ്ങളൊന്നും എന്താണ് ബ്രഹ്മം എന്താണ് കൃതകൃത്യത ഇത് മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് ഒന്നുമല്ല ബ്രഹ്മമെന്ന മറ്റുള്ള ശബ്ദങ്ങൾ കേട്ടപ്പോ ഇയാളുടെ മനസ്സിൽ ചില ധാരണകളുണ്ടായി ധാരണകളുണ്ടായി ആ ധാരണകൾ ഫലത്തിലെന്താക്കി ഇയാളെ കേവലം ജഡമാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കിത്തീര് അങ്ങനെ ഒരു ദോഷമുണ്ട് അദ്വൈതം പഠിക്കുന്നതിൽ ഒന്നിനും കൊള്ളാത്തവനായിത്തീരും ഒരു ഉപയോഗവും ഇല്ലാത്തവനായിത്തീരും അതിനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത് അത് അങ്ങനെയായി മാറും സാധനങ്ങളെല്ലാം നഷ്ടപ്പെടും വിശ്വാസം നഷ്ടപ്പെടും ശ്രദ്ധ നഷ്ടപ്പെടും ഭക്തി നഷ്ടപ്പെടും ഇതെല്ലാം നഷ്ടപ്പെടും ജ്ഞാനവും നഷ്ടപ്പെടും ഉപയോഗിച്ചൂന്യനായിത്തീരും എന്നുവെച്ചാൽ ജഡത്വം വരും തന്നിൽ തന്നെ ജഡത്തും വന്നുചേരും അതല്ല ഇവിടെ എന്താണ് ബോധിപ്പിക്കുന്നത് അച്ത്രൂപത എന്ന് പഠിത്തിയർത്ഥം ആ ബ്രഹ്മത്തിലുള്ള ആ ജഡത്വത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറയണം അത് സത്യമൊന്നും അനന്തമെന്നും പറഞ്ഞാൽ പോരാ മറിച്ച് ജ്ഞാനം എന്നെ ബോധിപ്പിക്കുകയാണ് സ്വപ്രകാശമായിരിക്കുന്ന ജ്ഞാനമായി തന്നെ ബോധിപ്പിക്കുകയാണ് അവിടെ പിന്നെ എങ്ങനെ അന്ധത വരും അന്ധത വന്നിട്ട് എങ്ങനെ തന്നെ ജഡത്വത്തെ ആരോപിക്കാൻ പറ്റും തനിക്കെങ്ങനെ സ്വയം നിഷ്ക്രിയനും സ്വയം നിരർത്ഥകനുമായി തീരാൻ പറ്റും അതെല്ലാം വരുന്ന ഇവിടെയാണ് ഇവിടെയാണോ അന്ധതയുള്ള അവിടെയാ വരുന്നത് ഇരളിൻ്റെ സന്താനങ്ങളാണ് അതെല്ലാം ഇവിടെ ആ ഇരളിനെ നിഷേധിച്ചിട്ട് അതിനെ ബോധിപ്പിക്കുന്ന എന്താണ് പ്രകാശ സ്വരൂപമാണ് അവിടെ ഈ അന്ധതയുടെ ഒരു ലക്ഷണവും കാണത്തില്ല അതാണ് ജഡത്വത്തെ നിഷേധിക്കുന്നതിന്റെ ദുഷ്ടമായ ഫലം അതാ തത്വത്തിൽ എങ്ങനെ ആ ജഡത്വത്തെ നിഷേധിക്കുന്നു നിഷേധിച്ചിട്ട് അവനെ ശൂന്യതയിലേക്ക് നയിക്കാൽ മറിച്ച് അത് ചിത്താണ് ചിത് സ്വരൂപമാണ് സ്വയം പ്രകാശസ്വരൂപമാണ് ബോധസ്വരൂപമാണ് സർവബോധങ്ങളുടെയും ഉറവിടമാണത് എന്ന് ബോധിപ്പിക്കുകയാണ് അവിടെ മിഥ്യാധാരണകള് മിഥ്യാ കൽപ്പനകള് മിഥ്യാഭാവനകള് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ശബ്ദത്തിന് വിശേഷിച്ചുള്ള പ്രയോജനമുണ്ട് ദുഷ്ടഫലമുള്ളതാണ് ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് മൂന്ന് പദങ്ങളെയും പരസ്പരം യോജിപ്പിച്ച് ഒരു മാലയിലെങ്ങനെയാണോ പല പുഷ്പങ്ങളെ ഒരുത്ത് ഒന്നാക്കുന്നത് അതുപോലെ സത്യം ജ്ഞാനം അനന്ത പറയുന്ന മൂന്ന് പദങ്ങളെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ചരടിൽക്കൊരുത്ത് അങ്ങനെ ഒന്നാക്കിയിരിക്കുകയാണ് ജ്ഞാനം ബ്രഹ്മേദി വചനാ പ്രാപ്തം അന്തവത്വം അലൗകീയ സി ജ്ഞാനസി അന്തവത്വ ദർശനമാണ് ഇപ്പൊ ഭാഷകാലം പറയുന്നു ലൗകികമായ ഒരു ജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെയൊരു ജ്ഞാനമുണ്ട് ചുദ്ദ്രൂപം എന്ന് പറയുമ്പോൾ ലൗകികമായ ജ്ഞാനമല്ല പാരമാർത്ഥികമായ ജ്ഞാനം ലൗകികമായ ജ്ഞാനം എന്ന് പറയുന്നത് ഏതാണ് പുസ്തക ജ്ഞാനം മേശയെക്കുറിച്ചുള്ള ജ്ഞാനം ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ ധരിക്കുന്ന അതൊക്കെയാണ് ലൗകികമായ ജ്ഞാനം അപ്പോൾ ലൗകികമായ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്താണ് അല്ലെ പുസ്തകത്തെക്കുറിച്ച് ഞാനിപ്പോൾ അറിഞ്ഞു കുറച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു ജ്ഞാനം കിടപ്പ് വരും ബ്രഹ്മത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഉണ്ട് തൽക്കാലം കുറച്ച് കഴിയുമ്പോൾ വേറെ ജ്ഞാനം വരും ബ്രഹ്മജ്ഞാനം പോയി അതാണ് ഞാൻ പറഞ്ഞത് ആ ജ്ഞാനവും ലൗകികമായ ജ്ഞാനമാണ് ഏത് ജ്ഞാനമാണോ വന്നു പോയി ഇരിക്കുന്ന അതെല്ലാം ലൗകികജ്ഞാനമാണ് ഭാഷകാരം കൊടുത്തിരിക്കുന്ന പേരാണ് ലൗകികജ്ഞാനം അത് ബ്രഹ്മജ്ഞാനമായാലും ശരി ലൗകികജ്ഞാന അന്തപത്വം ലൗകീയജ്ഞാനങ്ങളെല്ലാം അവസാനമുള്ളതാണ് നശിച്ചു പോകുന്നതാണ് ഉണ്ടാകുന്നതാണ് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ജ്ഞാനം ബ്രഹ്മ ജ്ഞാനസ്വരൂപമാണ് കേവലം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനവും നശിക്കുന്നതാണ് അന്തപത്വം പ്രാപ്തമാകും ലൗകീയമായ നമ്മുടെ അനുഭവത്തിലുള്ള എല്ലാ ജ്ഞാനവും നാശമുള്ളതാണ് അത് അത്തം നിവൃത്തിയർത്ഥം ആഹാ അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു അനന്തം അതനന്തമാണ് ഒന്ന് മറ്റൊന്നിനോട് അത്രമാത്രം ചേർന്നിരിക്കുന്നു ആത്യന്തികമായി വരുമ്പോൾ ഈ മൂന്ന് ശബ്ദത്തിനും ഒരർത്ഥമേയുണ്ട് ആ അർത്ഥത്തെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ശബ്ദത്തിനും മൂന്നർത്ഥമുണ്ട് മൂന്ന് ശബ്ദത്തിനും മൂന്ന് വാശാർത്ഥങ്ങളുണ്ട് മൂന്ന് ശബ്ദത്തിനും കൂടി മൂന്ന് ലക്ഷ്യാർത്ഥമുണ്ട് ഒരേ ഒരു ലക്ഷ്യാർത്ഥം ഓരോരോ ലക്ഷ്യത്തെ ഈ മൂന്ന് ശബ്ദങ്ങളും സൂചിപ്പിക്കുന്നു അതെങ്ങനെ തന്ത്പ്പെടുത്തിയു അതിന് വിരുദ്ധമായി വരുന്ന എല്ലാ കൽപ്പനകളെയും നിഷേധിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ബാധ അവധി സർവ ബാധകൾക്കും അവധിയായിരിക്കുന്നത് സർവ്വനിഷേധങ്ങൾക്കും അപ്പുറം ശേഷിക്കുന്നത് തത്തുമസി എന്ന് പറഞ്ഞ് ഇത്രയും വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് ഒക്കെ പറഞ്ഞു തരുന്നതിന്റെയും താല്പര്യം അതെയാണ് അങ്ങനെ ബോധിച്ചാൽ പിന്നെന്താ ശേഷം അങ്ങനെ അവിടെ ചോദ്യമുണ്ട് ബോധിക്കാത്തത് തുടങ്ങാനും ചോദ്യമുണ്ട് പിന്നെന്താ പിന്നെന്താണ് എന്നാ വിനയൊക്കെ നിഷേധിച്ചാൽ പിന്നെന്താണ് ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താണ് ഇതൊക്കെയാണ് ആൾക്കാരുടെ സംശയം ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും അതിനുശേഷമുള്ള കാര്യത്തെ കുറിച്ച് ആണ് സംശയം എന്തുകൊണ്ട് അത്തരം ഞാൻ അതിനെക്കുറിച്ചെല്ലാം ഉള്ള വികലമായ ധാരണകൾ മനസ്സിൽ ഇരിക്കുന്നു അതുകൊണ്ട് അത് തന്നിവിടുത്തിയർത്ഥം അത്തരം കൽപ്പനകളെ നിരാകരിക്കുന്നതിന് വേണ്ടി പറയുന്നു അനന്തം സത്യാധീനം അനിർദാദി ധർമ്മ നിവൃത്തിപരത്വാ സത്യാദി ശബ്ദങ്ങൾ അർത്ഥമുള്ളതാണ് പക്ഷെ ശ്രുതി എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരർത്ഥത്തെ ബോധിപ്പിക്കുകയല്ല മറിച്ച് അനിർദാദിധർമ്മ നിവൃത്തിപരത്വ അനൃദാദിധർമ്മങ്ങളെ സത്യത്തിലൂടെ ആനൃതത്വം നിഷേധിക്കുന്നു ജ്ഞാനത്തിലൂടെ ജഡത്വത്തെ നിഷേധിക്കുന്നു അനന്തതയിലൂടെ പരിഛിന്നതയെ നിഷേധിക്കുന്നു അനുദാതി ധർമ്മ നിവൃത്തി പരത്തുക അതാണ് ഈ ശബ്ദം കൊണ്ട് പ്രയോജനം പക്ഷെ അങ്ങനെ നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും സംശയം വരും ശരി എല്ലാം നിഷേധിച്ചു ആ ചോദ്യമാണല്ലോ എപ്പോഴും മനസ്സിൽ വരും ജഡത്വത്തെ നിഷേധിച്ചു പരച്ചിന്നതയെ നിഷേധിച്ചു അനന്ത നിഷേധിച്ചു നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നീടും ശേഷം അതെന്താ നമ്മുടെ ജിജ്ഞാസ അവിടേക്കാ പോകുന്നു അതെന്തായിരിക്കും ശേഷം ആ ശേഷം പരമാവധി ഏതുവരാകാം എന്നുള്ളതാണ് അടുത്ത ഭാഷകാരൻ പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ ഏതുവരെ പോകും ആ ശേഷം അങ്ങേയറ്റം പോയാൽ നമുക്ക് ഏതുവരെ ചിന്തിക്കാൻ പറ്റും നമ്മൾ നിഷേധിക്കുന്നില്ല നിഷേധിക്കുന്നതായി നമ്മൾ കൽപ്പിക്കുന്നു തന്റെ സ്വരൂപത്തിൽ ജഡത്വത്വം നിഷേധിച്ചു ഈ ശരീരം ജഡമാണ് അതിനെ നിഷേധിച്ചു തന്റെ സ്വരൂപത്തിൽ തന്നെ അജ്ഞതയെ നിഷേധിച്ചു നമ്മുടെ ഈ അറിവും അറിവില്ലായ്മയല്ല അജ്ഞതയാണല്ലോ അജ്ഞതയുടെ ഫലമാണല്ലോ അതിനെ നിഷേധിച്ചു എന്നിൽ ഞാൻ കൽപ്പിക്കുന്ന ഉത്പത്തിനാശങ്ങൾ ഞാൻ ജനിച്ചു നശിച്ചു അതിനെല്ലാം നിഷേധിച്ചു ഭാഷകാരം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ തന്നെ നമ്മൾ മനസ്സിലാക്കി നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നു അതാണ് ആ ശേഷം ഏതുവരാകാം അതിനെ കുറിച്ചാണ് അടുത്ത ചർച്ച ചെയ്യുന്നത് ഓം ശാന്തി ഓം